തമസ് ദ്രവ്യാന്തരം മറ്റൊരു ദ്രവ്യമാണോ ദശമദ്രവ്യമാണെന്നുള്ള പക്ഷത്തെയാണ് നിഷേധിക്കുന്നത് ദ്രവ്യാന്തര പക്ഷത്ത് ചോദിക്കുന്നത് സാവയവുമാണ് നിരവയവുമാണ് തമസ് നിരവയുമാണെങ്കിൽ അതിന് നാശം വരില്ല സാവയമാണെങ്കിൽ എന്തോരും ചോദിക്കുന്നു സാവയമാണെങ്കിൽ അതിന്റെ ആരംഭക ദ്രവ്യങ്ങളിൽ സ്പർശമുണ്ടോ തേജസ് വായുപോലെ സ്പർശമുണ്ടെങ്കിൽ കാര്യത്തിനും കാണണം എന്ന് വെച്ചാൽ തോമസിന് സ്പർശം കാണണം സ്പർശമില്ലെങ്കിൽ മനസ്സു പോലായി പോവും കാര്യം അതിൽ നിന്നും കാര്യം ഉണ്ടാകത്തില്ല അതുകൊണ്ടത് ഇനി ഗുണം ആണെന്ന് പറഞ്ഞു ആ ഗുണം എവിടെയിരിക്കുന്നു പൃഥിവിപ്പ് തേജസ് മൂന്നിലും ഇരിക്കുകയാണെങ്കിൽ മറ്റ് അവിടെ കാണണം പിന്നു വായു ആകാശം രണ്ടെണ്ണം നിർഗുണമാണ് ഗുണം വരത്തില്ല രൂപരഹിതമാണ് നിർഗുണമല്ല രൂപരഹിതമാണ് പിന്നെ ദിക്ക് കാലം മനസ്സ് മൂന്നെണ്ണം രൂപം അതിലില്ല വിശേഷ ഗുണമേ അവിടെയില്ല രൂപമില്ല വിശേഷ ഗുണമില്ല കാലം മനസ്സ് ഇതിന്റെ പറയാൻ പറ്റില്ല ഗുണമാണെങ്കിൽ അതിന്റെ ഗുണമാണ് ുണമാണെങ്കിൽ എവിടെ ഇരിക്കുന്നു എന്ന് പറയണ്ടി പിന്നെ വായുവും അല്ലാതെ കഴിഞ്ഞു പിന്നെ ആത്മാവും ആത്മാവിന്റെ ഗുണമാണ് നീലം എന്ന് പറഞ്ഞാൽ അത് ശരിയാകൂല എന്തുകൊണ്ട് ആത്മാവിന്റെ ഗുണങ്ങളൊന്നും ബാഹേന്ദ്രിയ പ്രത്യക്ഷമല്ല പിന്നെ ഏതെന്റാണ് ശേഷിക്കുന്നത് ഗുണം തീർന്നുദ്രവ്യമല്ല ഗുണമല്ല ഗുണമാണെങ്കിൽ എവിടെ എന്നുള്ളതാണ് ചർച്ച ചെയ്തത് എവിടെ ഇരിക്കുന്നു കാരണ ഗുണം ദ്രവ്യാശ്രയമായിട്ട് ഇരിക്കുന്നു ഇതിലേതിലിരിക്കുന്നു അർച്ച ചെയ്ത് പിന്നെ വരുന്ന കർമ്മം നാഭികർമ്മ സംയോഗ അകാരണത്വ ദ്രവ്യത്തിൽ അന്തർഭവിച്ചിട്ടില്ല ഗുണങ്ങളിൽ അന്തർഭവിച്ചിട്ടില്ല കർമ്മത്തിൽ അന്തർഭവിച്ചിട്ടുണ്ടോ ഒന്നാണ് കർമ്മത്തിൽ അന്തർഭോവിക്കുന്നില്ല എന്തുകൊണ്ട് കർമ്മത്തിന്റെ പ്രത്യേകത എന്താണ് ഉത്തരദേശവും രണ്ട് വിരലുകൾ തമ്മിൽ സംയോഗവും വിഭാഗം ഉണ്ടാകുമ്പോൾ ഈ ഓരോ വിരളിലും എന്തിരിക്കുന്നു കർമ്മം കർമ്മം എന്താണ് കാര്യണ സഹ ഏകസ് നടത്തി സംയേതെ സംയോഗമുണ്ടാകുമ്പോൾ കാര്യം എന്താണ് തർക്ക പഠിച്ചവര്യം സംയോഗം നടത്തേ അർത്ഥത്തിൽ കർമ്മം കൊണ്ടല്ലേ സംയോഗം വന്നു സംയോഗം വന്ന എന്തുകൊണ്ട് കർമ്മം കൊണ്ട് അപ്പൊ കാര്യമായി സംയോഗം കാര്യ കാര്യമായിരിക്കുന്നു എവിടെ ഇതില്ലേ ഏകസ്മിൻ നടത്തി സംവേതം സത്കാരണമെന്തായി കർമ്മം ആ കർമ്മം എന്തായി സംയോഗത്തിന് അസമയ ഇനി വിഭാഗം എടുത്താലും അങ്ങനെ തന്നെ വിഭാഗം എവിടെയിരിക്കും അപ്പൊ കാര്യായി വിഭാഗം എവിടെയിരിക്കുന്നു ഇതിലിരിക്കുന്നു കാര്യ ഏകസ്മിൻ നടത്തിയ കർമ്മം അസമായി കാരണം കർമ്മത്തിന്റെ സ്വഭാവമാണ് അത് സംയോഗത്തിനും വിഭാഗത്തിനും അസമയ കാരണം ഉപയോഗിക്കുന്ന അവിടെ ഉണ്ട് ഇരുട്ട് ഇതെന്താ സംയോഗത്തിനും വിഭാഗത്തിനും അസമയ കാരണമാണോ എന്നുവെച്ചാൽ ഈ കയ്യിൽ ഇരുട്ട് വന്നുകഴിഞ്ഞാൽ സംയോഗം വരൂ ഈ വരണ്ടല്ലേ ഇപ്പൊ സംയോഗം വരുന്ന വിഭാഗം വരുന്നു ഇനി വേറെ ഇവിടെ ഇരുട്ട് മതിയോ അങ്ങനെ ഇതിരുട്ടായ മതിയോ ഇതിരുട്ടായാ പോരല്ലോ ഇരുട്ട് വന്നതായിട്ടൊരു ബന്ധവുമില്ല ഇല്ല ഇരട്ടത്തിൽ ഇരുന്നാലും പോലെ ഇത് ഇരുട്ടാലും പോരാ തമസ്സെന്ന് പറയുന്ന ഒരിക്കലും സംയോഗത്തിനും വിഭാഗത്തിനും അസമായി കാരണം ആകുന്നില്ല അപ്പൊ പിന്നെ അതങ്ങനെ കർമ്മമാവും മനസിലായോ തമസ് സംയോഗത്തിനും വിഭാഗത്തിനും അസമമായി കാരണം ആകുന്നില്ല അതൊരു അമൂർത്തമായ സാധന അതുകൊണ്ട് തമസ് കർമ്മത്തിൽ അന്തർഭവിക്കുന്നില്ല തമസ് കർമ്മത്തിൽ അന്തർഭവിച്ചാൽ തമസ് കൊണ്ടെന്ത് സംഭവിക്കണം സംയോഗ സംഭവിക്കുന്നു കാരണം കർമ്മമാണ് സംയോഗ അസമമായി കാരണം തർക്കം പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ാഭികർമ്മ സംയോഗ വിഭാഗയോ അകാരണത്വ ഇവിടെ കാരണമെന്ന് പറഞ്ഞാൽ എന്ത് കാരണം അസോമയ കാരണം കർമ്മമല്ല ഇതിലുള്ളത് സംയോഗത്തിനും വിഭാഗത്തിനും കാരണമല്ലാത്തതുകൊണ്ട് പിന്നെ വരുന്ന ദ്രവ്യങ്ങളാണ് അല്ല പദാർത്ഥങ്ങളാണ് സാമാന്യം വിശേഷം സമവായം മൂന്നെണ്ണമാണ് സാമാന്യത്തിൽ അന്തർഭവിച്ചോ വിശേഷത്തിൽ അന്തർഭവിച്ചോ സമവായത്തിൽ അന്തർഭവിച്ചോ എന്നാണ് ചോദ്യം മൂന്നിലും അന്തർഭവിച്ചിട്ടില്ല കാരണം അതൊരു അഭാവമല്ല അദ്വൈതി പറയുന്നത് എന്താണോ പ്രകാശത്തിന്റെ അഭാവമല്ല അതൊരു ഭാവപദാർത്ഥമാണ് എന്നാൽ ഏത് ഭാവതാർത്ഥം ദ്രവ്യമാണോ അല്ല ഗുണമാണോ അല്ല കർമ്മമാണോ അല്ല ഇങ്ങനെയാണ് ചർച്ച പോകുന്നത് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ള ബോധം വേണം ഉയിരിക്കുന്നവർക്ക് വെറും കഥകളിയായി പോരുത് അപ്പോ അതൊരു പദാർത്ഥമാകണം ഭാവപദാർത്ഥമാകണം ദ്രവ്യം എന്തായാലും ആകത്തില്ല ുണം കർമ്മമില്ല പിന്നെ സാമാന്യ വിശേഷ സമവായം അഭാവമാകുമോ അഭാവം അല്ലെന്നാണല്ലോ അത് ഈ പറയുന്നു പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം അവസാനം വരും അതാണ് നാവി സാമാന്യ വിശേഷ സമയം എന്തുകൊണ്ട് വ്യക്തി ആശ്രയ സംബന്ധിനാ അന്തരേണ അനുപലംഭനീയമാണ് പറയുന്നു സാമാന്യം ആണെങ്കിൽ അവിടെ വ്യക്തിയുടെ ജ്ഞാനം വേണം എന്നുവെച്ചാൽ വ്യക്തി അഭിവ്യങ്ക്യമാണ് സാമാന്യം ഗോവിലിരിക്കുന്ന ഗോത്വത്തെ വ്യക്തമാക്കുന്ന എന്താണ് ഗോവ്യക്തിയാണ് അന്ന് പറയേണ്ടി വരും അതായത് തമസ് എന്ന് പറയുന്നത് സാമാന്യമാണെങ്കിൽ ഏത് വ്യക്തിയാണ് തമസിനെ അഭിവ്യംഗ്യമാക്കിയത് പ്രകടമാക്കിയത് അങ്ങനെ പ്രകടമാക്കാൻ ഒരു വ്യക്തിയല്ല തമസ് എന്ന് പറയുന്നത് അവിടെ എവിടെ എവിടെയാ പ്രകടമാകരുത് തമസ് എന്ന് പറയുന്നത് ലോകത്തെവിടെയും പ്രകടമാക്കും അറുകയും പറയുന്നത് നിങ്ങൾ കണ്ണടച്ചാൽ കാണുന്നത് എന്താണ് തോമസ് ആണെന്നാണ് പിന്നെ വേറെന്താ കാണുന്നത് കണ്ണടച്ച കാണുന്ന എന്താ കണ്ണ് തുറന്നാ കാണുന്ന മാത്രമേണ്ട കണ്ണടച്ചാലും കാണുന്നത് തൊമസ് അന്നല്ല സൂപ്പർ തോമസ് പുറമേ കാണുമ്പോലെയാണോ ആണോ ശരിക്കുള്ള തോമസ് എന്ന് പറയുന്നത് കണ്ണടച്ച് നോക്കിയാലേ സംശയമുള്ളവർ കണ്ണടച്ചിട്ട് ഒരു നിമിഷം നോക്കുക ശരിക്കുള്ള തോമസ് കാണുന്ന എവിടെ കണ്ണടയ്ക്കുമ്പോഴാണ് പുറമേ കാണുന്ന ഈ തമസ് എന്നൊക്കെ പറയുന്നത് ഒറിജിനൽ തോമസല്ല അല്ലെങ്കിൽ പലതരത്തിൽ കാണണം നിഴലുകളെല്ലാം തമസല്ലേ താർക്കേം പറയുന്നത് അവിടെ എന്തിനാ ആശ്രയിച്ചിരിക്കുന്നു തമസെന്ന് വെച്ചാൽ എവിടെയും കാണാം അപ്പോൾ വ്യക്തി വ്യക്യമാക്കുന്നതല്ല ആയിരുന്നെങ്കിൽ അതിനെ സാമാന്യമായി പറയാമായിരുന്നു പിന്നെ ആശ്രയം വിശേഷത്തിന്റെ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആശ്രയത്തിന്റെ ജ്ഞാനം ഉണ്ടാവണം വിശേഷത്ത് വിശേഷം ഇരിക്കുന്നത് എവിടെയാ വിശേഷം എവിടെ ഇരിക്കുന്നു തർക്കം പഠിച്ചവർ പറയുന്നു ഏമാണുക്കളിൽ ത്രയോ വിശദമായി ചർച്ച ചെയ്തതാണ് അതായത് ഒരു ദ്രവ്യത്തിന് മറ്റൊരു ദ്രവ്യത്തിൽ നിന്നുള്ള ഭേദം അതിന്റെ അവയവം കൊണ്ടോ അതിന്റെ ഗുണങ്ങൾ കൊണ്ടോ അറിയാൻ പറ്റും ഒരു ഘടവും വേറൊരു ഘടവും ഒരു പടവും വേറൊരു പടവും തിരിച്ചറിയുന്നെങ്ങനെ അതിന്റെ അവയവങ്ങളെ കൊണ്ടറിയാം അതിൻ്റെ നിറം കൊണ്ടറിയത്തില്ലേ അങ്ങനെ പോയി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പറയുന്നു അവയവങ്ങൾ മറ്റൊരവയവത്തിൽ നിന്ന് ഉള്ള ഭേദജ്ഞാനം ഉണ്ടാകുന്നത് അതിന്റെ അവയവങ്ങൾ ഭിന്നങ്ങളായതുകൊണ്ട് ആ അവയവങ്ങളെടുത്താൽ ആ അവയവവും മറ്റൊരവയവും തമ്മിൽ ഭിന്നങ്ങളായിരിക്കുന്ന അതിന്റെ അവയവങ്ങൾ ഭിന്നങ്ങളായതുകൊണ്ട് അങ്ങനെ പോയി പോയി പോയി നിരവയവമായ പരമാണുവിലത്വം നിരപയമായ ഏതെങ്കിലും ഒന്നിന്റെ പരമാണുവിന്റെ എടുത്താൽ മതി പാർത്ഥിവരമാണുക്കൾ രണ്ടെണ്ണം ഒരു പരമാണും മറ്റൊരു പരമാണു നിന്ന് എന്തുകൊണ്ട് ഭിന്നമായിരിക്കുന്നു എന്താണ് വ്യാവർത്തകമായ ധർമ്മം ഓരോ പരമാണുവിലും ഇരിക്കുന്നു ഭിന്നെന്തിന് സ്വീകരിക്കണം രണ്ടു പരമാണു ഒന്നാണെങ്കി പിന്നെ ദുണുഖണ്ടാവും വിനോദം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം രണ്ടെന്ന് പറയും രണ്ടെന്ന് പറഞ്ഞാൽ ഭേദം വേണം ഭേദം എങ്ങനെ ഉണ്ടാവും എന്ത് കാരണം പറയാം അവയവ ഭേദം കൊണ്ട് അവയവിൽ ഭേദം വരാം പരമാണുക്കളിൽ അവയവങ്ങളില്ല പരമാണുക്കൾക്ക് പിന്നെ എങ്ങനെ പരമാണുക്കളിൽ ഭേദം ഉണ്ടാവും അപ്പോ വിശേഷധർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ പരമാണുവിനും ഓരോ വിശേഷധർമ്മമുണ്ട് എന്താ ധർമ്മം അതിൻ്റെ അത് വിശേഷം അത്രയാണ് വിശേഷമെന്ന് പറഞ്ഞാൽ പരമാണു വിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്ത് മനസിലാകും അത് കണ്ട് പരമാണു എന്ന് പറയുന്നത് അതീന്ദ്രിയുണ്ട് പാലിരിക്കുന്ന വിശേഷം അതീന്ദ്രിയാകാതെ എങ്ങനെയായിരിക്കും അതും അതീന്ദ്രിയ പക്ഷേ പരമാണുവിന് വിശേഷമുണ്ടാകണമെന്ന് സ്വീകരിക്കണമെങ്കിൽ എന്തുവേണം പരമാണുവിന്റെ ജ്ഞാനം ഉണ്ടാകണം എങ്ങനെയുണ്ടാകും അനുമാനത്തിലൂടെ ഉണ്ടാവും പരമാണുവിന്റെ ജ്ഞാനം അനുമാനത്തിലൂടെ എങ്ങനെ തിരുണുകം കാണുന്നുണ്ട് ആ തിരുണകത്തിന് അവയവങ്ങളുണ്ടായിരിക്കും അവയവങ്ങൾക്ക് അവയവം ഇതിലെവിടെയെങ്കിലും ഒരു അവസാനം വരണം അതുകൊണ്ട് അതിന്റെ ഒരു സ്റ്റെപ്പ് പിറകിൽ പോയി അതിന്റെ പിറകിൽ ഒരു സ്റ്റെപ്പ് പോയിട്ട് പറയുന്നു അവിടെ അവിടെ തീർന്നു ഇല്ലെങ്കിൽ എന്ത് ദോഷം വരും അനവസ്ഥ ദോഷം അനന്തതയിലേക്ക് പോകും നമ്മുടെ കണക്ക് സാർമാരൊക്കെ പറയുമ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് പോകും അപ്പൊ അവിടെ അങ്ങ് നിർത്തും ഇത് ആദ്യം കണ്ടുപിടിച്ചവരാ താർക്കികന്മാരാണ് ഇങ്ങനെ ചിന്തിച്ച് പോയി അന്തവും കുന്താതാവുന്നതിനും നല്ലത് എന്താണ് എവിടെയെങ്കിലും ഒന്ന് നിർത്തുക സമാധാനമാണല്ലോ അപ്പോ അത് അവര് പറഞ്ഞു എന്നാ ഇവിടെ നിർത്താം എന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നിർത്തുന്നതിനും നല്ലത് തൃണുകം ധണുകം പരമാണോ ഒരവസാനം ഇൻഫിനിറ്റിയിലേക്ക് ശൂന്യത്തിലേക്ക് പോകുന്ന പറയാത്തിലേക്ക് പോകുന്ന പറയൂ അനന്ത വിശദീകരിക്കാൻ എവിടെ ചെന്ന് എന്തെങ്കിലും പറയാൻ പറ്റും ശൂന്യം എന്ന് പറയുന്നത് ഒന്ന് വേണ്ടേ ശൂന്യം പറഞ്ഞാ എന്താ സാധനം ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ശൂന്യം പറയൂ ഇല്ല പക്ഷേ ശൂന്യം എന്ന് പറഞ്ഞാൽ നിർവചിക്കണ്ടേ എന്താ സാധനം എന്താ സാധനം ശൂന്യം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ചോദ്യം വരും ശൂന്യത്തിൽ പിന്നെ എങ്ങനെ ഭാവം ഉണ്ടായി ഈ കാണുന്ന ഭാവം അല്ലേ ശൂന്യം ഭാവമാണോ ഇപ്പൊ എന്തുവരും ഏ എല്ലാ ശൂന്യെന്ന് പറയുന്നത് എന്താ അതിനാ ശൂന്യം എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല നിർവചിക്കാൻ പറ്റത്തില്ല അതിൽ നിന്ന് ഇതൊക്കെ എങ്ങനെയുണ്ടായി സത്തെന്ന് പറയാൻ പറ്റൂ ശൂന്യെന്ന് പറയുന്നത് കുറഞ്ഞ ആലോചിക്കാതെ പറയുന്നതാണ് ചിന്തിക്കുന്നവർക്ക് ശൂന്യതയെത്താൻ ഒക്കത്തില്ല എന്തുകൊണ്ട് വിഷയമല്ല എന്തെങ്കിലും അവിടെ കാണും ഇല്ലെങ്കിൽ ഇതൊക്കെ ഈ കാണുന്ന പിന്നെ ഇതിനെ ശൂന്യം ഒന്ന് വിളിക്കേണ്ടി വരും അപ്പൊ ശൂന്യ ശബ്ദത്തിന് അർത്ഥമില്ലാതെ ശൂന്യവാദം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ഒരു വാദമാണ് കാരണം ഇവിടെ കാണുന്ന ഈ കാണുന്ന കേൾക്കാൻ എന്നാ ശൂന്യം എന്ന് പറഞ്ഞാൽ ഓക്കെ ശബ്ദത്തിന് വേണ്ടി അർത്ഥമില്ലാതെ അപ്പൊ അനന്തതയിലേക്ക് പോകും അവയവധാരാപത്തി ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞ മേരു സർഷഭയൂരവി സാമ്യാപത്തി കടകും ഹിമാലയപറവും തമ്മില് വ്യത്യാസമൊന്നും വരത്തില്ല കാരണം ഇതിനു അനന്തമായ അവയവങ്ങളാകുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും ഈ വസ്തുവിന്റെയും ഈ വസ്തുവിന്റെയും അവയവം തുല്യമായി കഴിഞ്ഞാൽ എന്തുവരും രണ്ടും ഒരുപോലെ എന്തുകൊണ്ട് രണ്ടും അനന്തമാണ് അനന്ത പറഞ്ഞാൽ എന്താ അപ്പോൾ ചിന്തിച്ച് കുഴയുന്ന ആൾക്കാർ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണം ചിന്തക്ക് അതുകൊണ്ടാണ് പറയുന്നത് ചിന്തിച്ച് ചിന്തിച്ച ഒട്ടായിപ്പോയില്ലേ ഈ ചിന്തിച്ചിന്തിച്ചു തന്നെയാണ് മനുഷ്യന് ഒട്ടാകുന്നത് എന്തുകൊണ്ട് ഏഹ് ബ്രേക്കഡാ അറിയത്തില്ല ഓവർ സ്പീഡായി കഴിഞ്ഞ തകർന്ന് തരുപ്പണമാവും ആണ് ചിന്തിച്ചു പൊട്ടാകുന്നത് ബ്രേക്കഡാ ഇവിടെ വരുമ്പോ ശരി ഇതിനപ്പുറം ഇനി പോയാ ഉറക്കം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തണം എന്നാണ് അതുകൊണ്ടാണ് അദ്വൈതി പറയുന്ന എന്താണ് സച്ചിദാനന്ദം പ്രശ്നം അവിടെ തീർന്നു പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യം ഇല്ല ചിന്തയ്ക്ക് ഉൾക്കൊള്ളാമെന്നുള്ളത് വരെ പോകാൻ പാടുള്ളൂ അതിനപ്പുറം പോകാൻ പാടില്ല എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ അവസാനം ഒരു ആൾക്കാർ പറയില്ല ഒരത്തും പിടിയും കിട്ടത്തില്ല അതൊക്കെ കുഴഞ്ഞുപോയി ഉറക്കം നഷ്ടപ്പെടും മനോസാദോഷ പറയുന്നു അതുകൊണ്ടിവിടെ പറയുന്നു ആശ്രയം ഞാനുണ്ടാവണം എന്തിന വിശേഷജ്ഞാനത്തിന് പിന്നെ വിശേഷത്തെ വൈശേഷികന്മാർ ചിലരൊക്കെ ആകാശത്തിന് സ്വീകരിക്കുന്നുണ്ട് ആകാശത്തിനും ഒരു വിശേഷതയുണ്ടെന്ന് പറയുന്നുണ്ട് അത് പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന ഈ നാലെണ്ണത്തിലാണ് പൊതുവെ പറയുന്ന നിത്യദ്രവ്യങ്ങളിലാണ് വിശേഷം നിത്യദ്രവ്യം ഏതൊക്കെയാണ് ദിഖ ആത്മ നിത്യദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് ദിക്ക് കാല പൃഥ്വിധി ചതുഷ്ഠേ പരമാണവരമാണ പിന്നെ പിന്നെ ആകാശ കാല ദിക്ക് ആത്മ മനസ് അഞ്ചും നാലും ഒമ്പത് അതാണ് നിത്യദ്രുവ്യം അതിലാണ് വിശേഷമെന്ന് പറയുമെങ്കിലും പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന നാലെണ്ണമാണ് ബാക്കിയുള്ളവരൊന്നും ആവശ്യമില്ല എന്ന് പറയുന്നു ഒന്ന് ആകാശത്തിന് വേണമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകോട്ടെ അപ്പൊ അവിടെ ആശ്രയം ഞാൻ ഉണ്ടായാലേ വിശേഷത്തെ സ്വീകരിക്കാൻ പറ്റും തൊമസ് ഇരുള്ള ഒരു വിശേഷമാണെന്ന് പറഞ്ഞാൽ അതിന്റെ ആശ്രയം ഏത് പറയാൻ പറ്റുമോ ആകാശം അല്ലെങ്കിൽ വിവാദമായോണ്ടില്ലേ അതങ്ങ് വിട്ടത് വെറുതെന്തിന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തികളം ഏഹ് വിശേഷത്തെ സ്വീകരിക്കണമെങ്കിൽ വിശേഷത്തിനാശ്രയം വേണമെന്ന് മനസ്സിലായോ നിത്യദ്രവ്യങ്ങളെ വിശേഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാവും വിശേഷത്തിന്റെ ആശ്രയം അതിനാശ്രയം വേണോന്നല്ല നിത്യദ്രവ്യത്തെ സ്വീകരിക്കണമെങ്കിൽ അല്ല സോറി വിശേഷത്തെ സ്വീകരിക്കണമെങ്കിൽ അതിനൊരാശ്രയം വേണം അപ്പോൾ ആകാശത്തുള്ള വിശേഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആശ്രയം എന്തായി ആകാശം അങ്ങനെ ഒന്ന് വേണം അപ്പൊ വിശേഷമായി തമസ്സിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്റെ ആശ്രയമേത് ഒന്നിനെ പറയാൻ പറ്റുമോ സർവത്ര ഇല്ലേ തമസ് അതിന്റെ ആശ്രയം എന്ന് പറയാൻ പറ്റുമോ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്ത് സംബന്ധത്തിയിരിക്കുന്നു പല പ്രശ്നങ്ങളും വരും ആശ്രയം എന്ന് പറഞ്ഞാൽ മാത്രം മതി ഇനി സമവായം സമവായത്തിന്റെ കാര്യം വളരെ സ്പഷ്ടമാണ് പിന്നെ ശേഷിക്കുന്ന ഒരു പദാർത്ഥമാണ് തമസ് സമവായമാണോ തമസിനെ സമവായ സ്വീകരിച്ചാൽ എന്ത് വേണം സമവായത്തെ സ്വീകരിക്കുന്നിടത്തല്ല സംബന്ധിജ്ഞാനം വേണം ഗുണോ ക്രിയാക്രിയാവന്തു വ്യക്തിജാതി എല്ലായിടത്തും നോക്കുക എല്ലായിടത്തും സംബന്ധികളുണ്ട് എന്ന് വെച്ചാൽ സംബന്ധം ഇരിക്കുന്നവയുണ്ട് സമവായം എന്ന് പറയുന്ന ഒരു സംബന്ധമാണ് അതൊരു പ്രത്യേക പദാർത്ഥമാണെങ്കിലും കാർഗികന്മാരെ സംബന്ധിച്ച് സമവായ ഒരു പദാർത്ഥമാണ് പക്ഷെ അത് സംയോഗം പോലെ തന്നെ ഉള്ള ഒരു സംബന്ധമാണ് സമവായം ഒരു പ്രത്യേക പദാർത്ഥവും സംയോഗം എന്താണ് എന്താണ് ഗുണവുമാണ് ഈ വ്യത്യാസമേ ഉള്ളൂ സംയോഗം ഒരു ഗുണമാണ് ഇരുപത്തിനാല് ഗുണങ്ങളിലൊന്ന് സമവായവും സംബന്ധം തന്നെ പക്ഷെ അത് അതിനൊരു വലിയ സ്റ്റാറ്റസ് കൊടുക്കും അതൊരു പ്രത്യേക അയുധസിദ്ധങ്ങളിൽ ഇരിക്കുന്ന ഒരു വിശേഷ സംബന്ധത്തെ അങ്ങനെ എടുത്തു അതിന്റെ ആവശ്യമുണ്ട് അപ്പോൾ സമവായമായി തമസിനെടുത്തു കഴിഞ്ഞാൽ സംബന്ധിയെ ഏതെന്ന് ചോദിക്കും ഏതിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് ആ സമവായം ഇരുട്ടിനെ അങ്ങനെ പറയാൻ പറ്റൂ ഇരുട്ട് എന്നത് എന്നതിനെയും ബന്ധിപ്പിക്കുന്നാണെന്ന് പറയാൻ പറ്റും എന്തിനെങ്കിലും ഇരുട്ട് ബന്ധിപ്പിക്കുന്നുണ്ടോ അതുകൊണ്ട് അല്ല സ്വാ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാമാന്യ വിശേഷ സമയ ദേഷ്യം വ്യക്തി ആശ്രയ സംബന്ധിനിമന്ദിരേണ അനുപലംഭ നിയമാ വിശേഷ സമവായ സാമാന്യ വിശേഷ വ്യക്തി ആശ്രയ സംബന്ധം ഈ മൂന്നിന്റെയും ഉപലബ്ധി പ്രതീതി കൂടാതെ അനുവലംബ അഭാവാ അനുവലംബ നിയമാനസിലായോ ഈ മൂന്നെണ്ണത്തിൽ അന്തർഭവിച്ചാൽ വ്യക്തി അല്ലെങ്കിൽ ആശ്രയം സംബന്ധികളുടെ പ്രതീതി ഇല്ലെങ്കിൽ ഇതിന്റെയും പ്രതീതി ഉണ്ടാവാത്തുണ്ടാവും തമസന്റെ പ്രതീതി ഉണ്ടാകുന്നുണ്ട് അവിടെ വ്യക്തിയുടെ പ്രതീതിയില്ല ആശ്രയത്തിന്റെ പ്രതീതിയില്ല സമ്പന്ധികളുടെ പ്രതീതികളും ഇല്ല അതുകൊണ്ട് അതിനു മുമ്പ് അന്തർഭവിക്കുന്നുണ്ടാവും അത് വിശദീകരിക്കുന്ന ഈ സാമാന്യസ്യ ഇവ വ്യക്തി വിശേഷണം ഇവ ആശ്രയ ആശ്രയ സമുദായ സീവ സംബന്ധി തമസ ക ഉപലഭ്യതെ ഈ പറഞ്ഞ കാര്യം വിശദീകരിക്കുകയാണ് സാമാന്യത്തിന്റെ പോലെ വ്യക്തി പ്രതീതമാകുന്നില്ല വിശേഷണിവച്ച ആശ്രയപലേ വിശേഷങ്ങളെപ്പോലെ ആശ്രയം ഉപലബ്ധമാകുന്നില്ല സമായ ശിവസംബന്തി പോലെ സംബന്ധിയും എന്താണ് തമസഹ തമസിന് കഷ്ടിത് കഷ്യത് എന്ന് പറയുന്നത് എന്താണ് ഓരോന്നിനോട് അന്വയിക്കണം പൊതുവായി പറഞ്ഞിരിക്കണം ഒരു സംബന്ധിയില്ല ഒരു ആശ്രയമില്ല ഒരു വിശേഷവും വ്യക്തിയുമില്ല ചുരുക്കത്തിൽ എന്താണോ ഇതുവരെ പറഞ്ഞിരുന്നു മനസ്സിലായത് സപ്തപദാർത്ഥങ്ങളും എന്നുവെച്ചാൽ ഭാവപദാർത്ഥത്തിൽ ഏതാണ് ഭാവപദാർത്ഥം എന്നാണ് അദ്ദേഹം പറയുന്നത് തമസ് ഭാവപദാർത്ഥമാണ് ഭവപദാർത്ഥങ്ങളിൽ ഒന്നായിട്ടും തമസിനെ നിരൂപണം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ തമസിന്റെ ഭാവത്തെ നിർണയിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നുവെച്ചാൽ തമസിന് സ്വന്തമായൊരു ഭാവമില്ല മാന്യ വിശേഷ സമയം എന്ന് പറയുന്ന ഈ ഒരു ഭാവവും തമസിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താണ് തമസ് നിസ്വഭാവമാണ് സ്വഭാവനില്ല ഉണ്ടാ അപ്പൊ ഇതുവരെ എന്താണോ തമസനന്റെ സ്വഭാവത്തെ കണ്ണിച്ചു തമസ് നിസ്വഭാവമാണെന്ന് സമർത്ഥിച്ചു ഏതെങ്കിലും ഒരു ഭാവത്തിൽ പെട്ടു കഴിഞ്ഞാൽ തോമസിന് ഭാവുണ്ടെന്ന് പറയാം ഒരു ഭാവത്തിലും അത് അന്തർഭവിക്കാത്തതുകൊണ്ട് തോമസ് നിസ്വഭാവമാണെന്ന് സമർത്ഥിച്ചു സ്വാമി ഇവിടെ ഗുണങ്ങൾ ഇരുപത്തിനാലിനോ എടുക്കാതെ ഇങ്ങനെ ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ് ഗുണങ്ങളിൽ ഒന്നിലും പെടുന്നില്ലാന്ന് പറയാൻ വേണ്ടി ഈ ഇരുപത്തിനാല് ഗുണങ്ങളെ ചർച്ച ചെയ്യാതെ വേറൊരു തരത്തിലാണല്ലോ ചർച്ച ചെയ്തത് അങ്ങനെ അല്ല ഗുണത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ ഗുണമെന്ന് പറയുന്നത് ദ്രവ്യാശയാണ് അത് മതിയല്ലോ അതല്ലാന്ന് സമ്മർദ്ദിച്ച പോരേ ഏ ദ്രവ്യത്തിൽ ഇരിക്കുന്നു പറയുക കാരണം ഗുണത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇവിടെ അദ്വൈതി തന്നെ പറയുന്ന ഇതിന്റെ ഗുണമെന്താണെന്ന് എന്ത് ഗുണമാഹത്വവും അതിൽ വിവാദമില്ല അദ്വൈതി ഗുണാദ്വൈതി സമ്മതിച്ചു അത് നീലരൂപമാണ് മഹത്വമാണ് അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് അതിന്റെ ആശ്രയദ്രവ്യം ഏതാണ് അതിന് ഗുണങ്ങളെക്കുറിച്ച് ചേർച്ചയുടെ ആവശ്യമില്ലല്ലോ ഗുണാദ്വൈതി എന്നെ പറഞ്ഞില്ലേ ഇന്നതാണ് ഗുണമെന്ന് രണ്ട് ഗുണമാണുള്ളത് നീലരൂപവും മഹത്വം ശരി സമ്മതിച്ചു അതിവിടെ ഇരിക്കുന്നു അന്ന് ഒരിടത്ത് ഇരിക്കാൻ കഴിയില്ല കഴിയില്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കാത്ത ഗുണമേത് അദ്വൈതി ഏത് ഗുണമാണോ അംഗീകരിച്ചതെന്ന് നിഷേധിച്ചു അന്റെ ആവശ്യമുണ്ട് അപ്പൊ അത് ഗുണമല്ലേ അദ്വൈതിയുടെ കാര്യ അത് അദ്വൈതി നോക്കിക്കോളൂ ഇപ്പം നിങ്ങള് തർക്ക കാര്യം നോക്കിയാണ് അദ്വൈതീയെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നു അദ്വൈതി ആരെന്നാ വിചാരിച്ചിരിക്കുന്നു അതവിടെ വരട്ടെ പറയും എന്താണ് കാണാൻ പോകുന്ന പൂരം കേട്ടറിയത് പറഞ്ഞു കേൾപ്പിക്കുന്നത് ശരിയല്ല ആൾക്കാർ സിനിമ കണ്ടിട്ടു കഥ പറയും നമ്മള് നാളെ കാണാതിരിക്കയാണ് ഇന്ന് വന്ന് കഥ പറയുമ്പോ എന്ത് ദേഷ്യം വന്നറിയാവുമ്പോ ചിലർക്ക് പറഞ്ഞേ തീരുമോ അവർ കാശു മുടക്കോണ്ട് അവർക്ക് കഥ പറഞ്ഞു നമുക്കാണെങ്കിലോ കാശു മുടക്കാൻ പോകുന്ന നഷ്ടം അതുപോലെ അദ്വൈതി എന്താ പറയാൻ പോകുന്നുള്ളത് പറഞ്ഞ അതിന്റെ സംഗതി അങ്ങ് പോവും അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്ത് തമസിനെ ദ്രവ്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതീതി ഉണ്ടാവത്തില്ലെന്നാണ് ആര് പറയുന്നു ആരാ പറയുന്നു ആര് പറയുന്നു കാർക്കിയും പറയുന്നു അദ്വൈതിയോട് പറയുന്നു പൂർവ്വക്ഷണം മറക്കല്ല തമസിനെ നിങ്ങളൊരു ദ്രവ്യമായി സ്വീകരിച്ചാൽ അതിന്റെ പ്രതീതിയെ ഉണ്ടാകത്തില്ല തമസ് ഒരു ഭാവപദാർത്ഥമേ അല്ല എന്നുള്ള ആദ്യം നിഷേധിച്ചു ഭാവപദാർത്ഥം അല്ലയെന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അർത്ഥാതെന്ത് സിദ്ധിക്കും അഭാവം അതാ താർക്കേന് വേണ്ടത് ഇനി പറയുന്നത് അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതീതി ഉണ്ടാവും അതെന്താ ശരി തമസ്സാ ഉപലംഭ സംഭവ തതുപലംഭക അഭാവ ഉപലംഭം എന്ന് വെച്ചാൽ പ്രതീതി ഇനി അടുത്ത ദോഷമാണ് തോമസിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതീതി ഉണ്ടാകില്ല എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല ഉപലബ്ധിയുടെ കരണമാണ് ഉപലംഭകം അതെന്താണെന്ന് പറയേണ്ടി വരും അങ്ങനെ ഒന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്ന് ആരാരോട് പറയുന്നു അദ്വൈതിയോട് ഉപലംഭകമില്ല എങ്ങനെ അതിന്റെ പ്രതീതി ഉണ്ടായി അത് പറയേണ്ടി വരും എന്തായാലും അദ്വൈതി എന്ന് പറയും തോമസ് പ്രത്യക്ഷമാണെന്ന് പറയും അങ്ങനല്ലേ പറയാൻ പറ്റും കാണുകയല്ലേ പ്രത്യക്ഷമാണെന്ന് പറയേണ്ടി വന്നല്ലെങ്ങനെ മസ് എന്ന് പറയുന്ന ദ്രവ്യത്തെ നിങ്ങളുടെ കണ്ണ് പ്രത്യക്ഷമാക്കിയോ എന്താ ചോദ്യം പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ഏതായിരിക്കും ഏ ഉപലംഭകമേത് വരണം ആദ്യം ആണ് എന്നോചനം ഉപലംഭകം കണ്ണിനെ ഉപലംഭകമായി എന്ന് വെച്ചാൽ ഉപലബ്ധിയുടെ കർണമായി സ്വീകരിക്കാൻ എന്തെച്ച പ്രത്യക്ഷത്തിന്റെ കർണമായി തമോദ്രവ്യം അതിന്റെ പ്രത്യക്ഷത്തിന്റെ കർണമായി നമ്മുടെ കണ്ണുകളെ സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് തത് അവപാര അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എടുക്കുക മുമ്പിലിരിക്കുന്ന ഘടകം കണ്ണുകൊണ്ടാണ് കാണുന്നത് കണ്ണടച്ച് ഇനി ഘടത്തിന് കാണാൻ പറ്റൂ അപ്പൊ കണ്ണുകൊണ്ട് കണ്ണിന് ചക്ഷുരേന്ദ്രിയ വിഷയമായിരിക്കുന്ന ഒരു ദ്രവ്യം ഉദാഹരണം ഘടദ്രവ്യം ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് പ്രതീതിക്ക് വിഷയമാകൂ അല്ലേ ചക്ഷുരേന്ദ്രിയം പ്രതി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ഒരിക്കലും പ്രതികരിക്കും വിഷയം ചക്ഷുരേന്ദ്രിയ ദ്വാരുള്ള പ്രത്യക്ഷത്തിന് വിഷയമാകത്തില്ല അല്ലാതെ പ്രത്യക്ഷമാകും എങ്ങനെ കടത്തെ സ്പർശനേന്ദ്രിയം കൊണ്ട് പ്രത്യക്ഷമാകും പിന്നെ ഒരു പ്രത്യക്ഷം കൂടെ ഉണ്ട് ഏതാണ് ഏർ ഉം തർക്കം പഠിക്കുന്നതിന്റെ ഇടയിൽ അത് മറക്കാൻ പാടില്ല വല്യ ദോഷമാണത് മാനസപ്രത്യക്ഷീവിതമേ പോയി തർക്കം പഠിച്ച് ജീവിതം തന്നെ പോയി പ്രത്യക്ഷ ഇത്രയും താമസിക്കുമോറും ജീവിതം പോയിക്കൊണ്ടിരിക്കുക ഓരോ നിമിഷവും ചോദ്യം വളരെ സിമ്പിൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തെ ഒരു പ്രത്യക്ഷം എന്താ പറഞ്ഞത് കണ്ണ് കൊണ്ട് കാണുന്ന ഘടത്തെ കണ്ണ് പ്രവർത്തിച്ചില്ലെങ്കിൽ കാണാൻ പറ്റില്ല അപ്പൊ ഒരാൾ പറഞ്ഞ സ്പർശിച്ചറിയാമെന്ന് ഞാൻ പറയുന്ന അത് മാത്രമല്ല വേറൊരറിവുണ്ടെന്ന് ഏതാണ് ഏതാണ് പ്രത്യക്ഷം വേറൊരു പ്രത്യക്ഷം കൂടെ ഉണ്ട് പോയി ഇതാണ് തർക്കം പഠിക്കരുതെന്ന് പറയുന്നു ഈശ്വര പ്രത്യക്ഷം നിങ്ങൾ ഈശ്വരനെ മറന്നില്ലേ ദൈവത്തെ മറന്നില്ലേ തർക്കം പഠിച്ചപ്പോൾ ഈശ്വർ പ്രത്യക്ഷം ഉണ്ടാവോ കടത്തിന്റെ നമ്മൾ കണ്ണടച്ചല്ലയോ ഏറാ പറഞ്ഞു ഈശ്വരനും മറന്നു നിങ്ങളുടെ കാര്യം ഇങ്ങള് ചിന്തിക്കുന്നുള്ളൂ ഈശ്വരനെ വിസ്മരിച്ചോ ഇല്ലേ ആർക്കെങ്കിലും ഈശ്വര സ്മരണയുണ്ടോ ഉണ്ടെങ്കി ഇവിടെ പറഞ്ഞു ആ കടം ഞാൻ കണ്ണടച്ചാലും ഈശ്വരൻ കണ്ടോ ഈശ്വരൻ കാണുന്നുണ്ടോ അപ്പൊ നോക്കികന് പോലും എത്ര കടുത്ത ഈശ്വര വിശ്വാസമാണ്മാരുടെ സ്വാധീനം കൊണ്ടായിരിക്കും ഈ മാർസിസ്റ്റുകാർ പോലും മുകളിലൊരാള് കാണുന്നുണ്ടെന്ന് പറയുന്നത് അതായിരിക്കും അതായിരിക്കും അതുകൊണ്ട് കാർഗികന്മാർക്ക് ഈശ്വരനെ കളിയില്ല അപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും അതായത് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാലും സ്പാർശന പ്രത്യക്ഷം ഘടത്തിൻ്റെ ഉണ്ടാവും ഈശ്വരപ്രത്യക്ഷം അവിടെ ഉണ്ട് അത് രണ്ടും അംഗീകരിക്കേണ്ടി വരും അംഗീകരിച്ചേ പറ്റൂ ഈശ്വരം കാണുന്നില്ലേ ഘടത്തെ പിന്നെന്തോ അത് ഒഴിവാക്കിയാൽ ആണിവിടെ പറയുന്നത് തഥവ്യാപാരി അത് രണ്ടും വിടുക പാർശ്വന പ്രത്യക്ഷവും ഈശ്വര പ്രത്യക്ഷവും വിട്ടിട്ട് നമ്മുടെ കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തു കണ്ണടച്ചു കഴിഞ്ഞാൽ കാണത്തില്ല അല്ലേ ആണല്ലോ ഒരു നിയമമാണ് ആണ് ഇവിടെ പറയുന്നത് തത് എന്ന് പറഞ്ഞാൽ ചക്ഷുഷ്ട വ്യാപാരഭാവേ തത് അനുബലം പാഭ എന്താണ് തമസ പ്രതീത്യഭാവ തമസ് പിന്നെ പ്രതീതമാകത്തില്ല ഇതൊരു നിയമമാണ് തമസ് ഘടത്തെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ ചക്ഷുരിയം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഘടത്തിന്റെ ചാക്ഷപ്രത്യക്ഷം ഉണ്ടാകത്തില്ല അതുപോലെ തമസിനെ സംബന്ധിച്ച് ചക്ഷുരിയം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്താണ് തമസിന്റെ പ്രത്യക്ഷം ഉണ്ടാകത്തില്ല പക്ഷെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിച്ചില്ലെങ്കിലും തമസിന്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നു ഇവിടെ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചക്ഷുരേന്ദ്രിയം വിഷയമായിട്ട് സന്നിധർഷമുണ്ടായി വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടി ഘടത്തിന്റെ പ്രത്യക്ഷമുണ്ടാകുന്നതിനെ ഉദ്ദേശിച്ച പറയുന്നത് ഇന്ദ്രിയവും വിഷയവുമായിട്ട് സന്നി ഘർഷം ഉണ്ടാവണം പിന്നെന്ത് വേണം പ്രകാശവും വേണം വെളിച്ചം കൂടെ വേണം പാട്ടുതാപ്പൻ തോമസ് തമസ് വൈ തമസ് Then you can say tamas is there in kalam, tamas is there in dik, kalam, agasam is not pratirsham, agasam is also not pratirsham. or the tarka one can say that tamas is, is gunam there na gasam then samvaya sambandhena then that will be a gunam not a dravyam then the other problem incom already it is decided that uh, that is not a gunam that is not included in these gunas, that already discussed with me, that already discussed with me, that part. Eh? Tarkiyas don't accept, Tarkiyas they don't accept as guna, for them that is above only. only advedin can say that is gunam but that is refuted gunam the, before that is asked if it is a gunam vichuni sadasthrayam then there uh, it adveri says it is, it hasa roopam hmm aakasham as no roopam ആകാശം ദർ ഇറ്റ് ഇസ് ദിക് കാലമനസാം വിശേഷ ഗുണ രഥത്വ നബസ് നബസ് നോ തയോരൂപത്വർ ഇസ് നോ രൂപം നോ രൂപം അതാണ് പറയുന്നത് എന്താണ് കണ്ണടച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന്റെ ആശ്രയത്വന് അനുമാനത്തിലൂടെ അതിനുമുമ്പ് ചർച്ച ചെയ്തതാണ് പരിശേഷ അനുമാനം മറ്റു ദ്രവ്യങ്ങളൊന്നും തന്നെ ആശ്രയമായി കാണുന്നില്ല അപ്പൊ ശബ്ദത്തിന് ആശ്രയമായൊരു സാധനം വേണം അതാണ് ആകാശം അതിനാണ് പരിശേഷ അനുമാനം അപ്പൊ മീമാംസകന്മാർ ശബ്ദത്തിന് ആശ്രയമായി വേറെ പറയുന്നുണ്ടോ മീമാംസന്മാരകാശത്തെ ദ്രവ്യമായിട്ടാ എഴുതുന്നു ശബ്ദത്തിനെയും ദ്രവ്യമായിട്ടാണ് എടുക്കുക ശബ്ദവും അപ്പൊ കണ്ണടച്ചാൽ കാണാതിരിക്കും കണ്ണുകൊണ്ട് കാണുന്ന ഒന്നിനെ കണ്ണടച്ചാൽ കാണാതിരിക്കും അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നതാണ് തമസെങ്കിൽ കണ്ണടച്ചാൽ കാണാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്ന നിയമം പക്ഷെ അങ്ങനെയല്ല എന്താണ് എന്നുവച്ചാ ലോചനും വോലമ്പകും തത് അപരെ തത് അനുബലംബാകാത്ത അസ്ഥിച്ച നിമിലത നയനശ്യാമി തമ പശ്യാമീതി അഭിമാന ഇരട്ടിന്റെ കാര്യം എങ്ങനെയല്ല കണ്ണടച്ചാലും കാണാം ഇരുട്ടിനെ സാധാരണ പറയാറുണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കരുതേ പറയാറില്ലേ കണ്ണടച്ചിരുട്ടാക്കരുത് കണ്ണടച്ചാലും ഇരുട്ടാണ് അല്ല പറയാണ് കണ്ണടച്ച ഇരുട്ടില്ലെന്ന് പറഞ്ഞാൽ എന്തു പറയേണ്ടി അന്ധന്മാര് പറയും കണ്ണടച്ചാലും ഞങ്ങൾക്ക് വിളിച്ചമാണെന്ന് പറയൂല്ല അവരും പറയുന്ന എന്താണ് ഏ അതാണ് ഇരുട്ടെന്ന് പറയുന്നത് അന്തന്മാർക്ക് വെളിച്ചോണോ ഇരുട്ടാണോ ഏ അനുഭവം ഇരുട്ടാണ് പിന്നെ അവരെന്ത് പറയും അന്തന്മാർക്ക് ഇരുട്ടെന്നേ പറയാൻ പറ്റും ഏഹ് അല്ല അപ്പൊ അന്തന്മാർ പറയുമോ എന്താണ് കാഴ്ച ഉണ്ടെന്ന് പറയൂ അവരുടെ ഡിക്ഷണറിയിൽ ഏതാ വാക്ക് അവരുടെ ഡിക്ഷണറിൽ ഏത് വാക്കാണോ അതെന്നു സ്വാമി ഒരു സംശയം ഈ മീമാംസകന്മാര് ഈ ദ്രവ്യമായി കണ്ടുകഴിഞ്ഞാൽ അവരെ ആകാശത്തിന് എങ്ങനെ അറിയി അവരുടെ എല്ലാ ലക്ഷണങ്ങളും വേറെയാണോ അവരുടെ വേറെയാണോ ഇതായിട്ട് ബന്ധമില്ല അല്ലെ സർക്കായിട്ട് വേറെ വിഷയമാണ് മാനമീയോതയം നോക്കുക പദാർത്ഥങ്ങളെ കുറിച്ച് അവിടെ നിരൂപണം ചെയ്യുന്നു നമ്മുടെ നാട്ടുകാരെ ആകാശത്തെ ഇന്ദ്രിയത് ആ അതില് ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇന്ദ്രിയത്തിലൂടെ ആകാശം പ്രത്യക്ഷമാവുന്നു അദ്വൈതികളിലും ചിലർ പറയുന്നുണ്ട് അത് വേറെ അതിനെക്കുറിച്ച് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് നമ്മള് പറഞ്ഞു പറഞ്ഞു വേറെ കാട് കയറി പോകും ഇതുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ നമ്മൾ പ്രകൃതം പൊട്ട് പോയി കഴിഞ്ഞാൽ സിനിമാ കഥ പറയുമ്പോലായി ഇത് പോവുകയും ചെയ്യും ഇത് നിന്നുകൊണ്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വെറുതെ എന്തിനാ പോകുന്നു പക്ഷേ അസ്വിച്ച നിമീലിത നയനശ്യാപി തമഹ പശ്യാമിത്യഭിമാന കുറഞ്ഞ പക്ഷേ ഇനി നിങ്ങളുടെ എന്താണ് അന്ധന്മാരാരും ഇരട്ടിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും വേണ്ട താർക്കികം അംഗീകരിക്കുന്നുണ്ട് അത് മതി ഇവിടെ താർക്കികം പറയുന്നു കണ്ണടച്ചുകഴിഞ്ഞാലും കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ താർക്കികൻ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര മണ്ടനമൊന്നുമില്ല ഇത്രേ പറയുന്നുള്ളൂ അവസാനം നമ്മളെ പോലെ കഥയില്ലാതെ സംസാരിക്കുന്ന ആളല്ല ഇവിടെ ഒരു അനുമാന പ്രയോഗം താഴെ വ്യാഖ്യാനത്തില് അവസാനത്തെ ലൈനിൽ കൊടുത്തിരുന്നു അയമത്ര പ്രയോഗം സപ്തമ പദം ആലോക അഭാവവാചകം ആലോക അനപേക്ഷ ചക്ഷുഗ്രാഹ്യ വാചകത്വ ആലോക അഭാവ പദവത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും മനസ്സിലായോ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന എന്താണ് തമസിനെ സംബന്ധിച്ച് ശബ്ദങ്ങളാണ് ആലോക അഭാവം എന്ന് പറയുന്നു പിന്നെ എന്ത് പറയുന്നു തമപ്പ് എന്ന് പറയുന്ന പദ ഉപയോഗിക്കുന്നു ഇവിടെ എല്ലാ പദങ്ങളെ നിന്നുകൊണ്ടാണ് ചർച്ച അത് അങ്ങനെ പറ്റും അങ്ങനെയാണ് സാർക്കും പറയുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് സാധനമാണോ കാണുന്നത് അതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് തർക്കം എന്താ നിങ്ങൾ തർക്കിക്കുന്നത് പദാർത്ഥത്തെ കുറിച്ചല്ല തമസ്സെന്ന് പറയുന്ന പദത്തെക്കുറിച്ചത് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ആലോക അഭാവം എന്ന് പറയുന്ന ആ വാക്കിനെ പറ്റിയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അല്ലാവിടെ നിങ്ങൾ ഉരുട്ടി വച്ചിരിക്കുന്നു ഒരു വസ്തുണ്ടാ എല്ലാ വിഷയത്തെ കുറിച്ച് എല്ലാമല്ല ഈ തമസിന്റെ കാര്യം പറയുക ഏഹ് അവിടെയൊക്കെ നിർവിവാദമായ അർത്ഥമുണ്ടല്ലോ ഇത് ദ്രവ്യമാണ് ഇത് ഗുണമാണ് ഇവിടെ അതല്ലോ പ്രശ്നം സപ്തപദാർത്ഥങ്ങളിലും ഉൾപ്പെടാത്തൊരു സാധനമല്ലേ അഭാവവും അല്ല പിന്നെ എന്താ നമ്മുടെ ചർച്ചയെന്താണ് ആ പദത്തെ അസ്വദിച്ചുള്ള ചർച്ചയാണ് അപ്പൊ പറയണ അന്ധ അന്ധൻ കണ്ണടച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഇരുളല്ലെന്ന് പറഞ്ഞാൽ അന്ധം കണ്ണടച്ചാ കാണുന്ന ഏത് സാധനമാണ് അത് എന്ത് അതാണ് തമസം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ആ എന്ന് പറയുന്ന പദം കൊണ്ട് അതിനെയാ പറയുന്ന പറയുന്നു അല്ല അവിടെ ഒരു സാധനം എടുത്തു ചർച്ച ചെയ്യാൻ പറ്റുമോ നോക്കൂ ഈ പറയുന്ന ഒന്നിലും പെടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചർച്ച ചെയ്യും എന്നുവെച്ചാൽ സപ്ത പദാർത്ഥങ്ങളിലും പെടുന്നില്ല അത് ആർക്കും സമർത്ഥിച്ചു എങ്ങനെ ഭാവപദാർത്ഥങ്ങളിലില്ല അദ്വൈതീന്നെ പറയുന്ന അഭാവമല്ല പിന്നെ എന്താ പിന്നെ ഈ ചർച്ചയെല്ലാം ചെയ്യുന്നത് തമസ് എന്ന് പറയുന്നൊരു പദത്തിന്റെ അർത്ഥത്തെ കുറിച്ചാണ് അപ്പൊ തമാശബ്ദത്തിന്റെ അർത്ഥം അതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ഇത്രയും പറയാൻ പറ്റും മനസ്സിലായേ കർക്കി എന്റെ ബുദ്ധി ഇപ്പം മനസ്സിലായേ ഇല്ലെങ്കിൽ എന്ത് വേണം ഇപ്പൊ ദ്രവ്യം ഗുണം കർമ്മം ഇതൊക്കെ അദ്വൈതി അംഗീകരിച്ചുണ്ടല്ലേ സംസാരിക്കുന്നു അല്ലേ ഇപ്രതിപത്തി എന്ന് പറയുന്ന ഇപ്പൊ ഈ ഒരു സാധനത്തിലാണ് അപ്പൊ അത് ഒരു ശബ്ദം കൊണ്ട് പറയുന്ന എന്തോ ഒന്ന് എന്ന ചർച്ച കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ഒരു സംശയം നിങ്ങൾ താർക്കികന്മാരെ വില കുറച്ച് കാണുന്നു സംശയം അങ്ങനെ കാണാൻ പാടില്ല ഏറ്റവും അധികം പ്രത്യക്ഷത്തിനെ ആശ്രയിച്ച് ചർച്ച ചെയ്യണവർ അവർ തന്നെയാണല്ലേ പ്രത്യക്ഷത്തിനെ ഏറ്റവും അധികം ആശ്രയിച്ച് ചർച്ച ചെയ്യണത് താർക്കികന്മാർ തന്നെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യക്ഷത്തെ കുറിച്ച് വളരെ ഗൌരവമായൊരു ചർച്ച പ്രത്യക്ഷ പ്രമാണത്തിൽ നടത്തിയത് അവരുടെ കാലഘട്ടത്തില് തർക്കന്മാരാണ് അത് പറ്റാതെ വന്നപ്പോ അവരെന്ത് ചെയ്തു അനുമാനത്തിനും പോയി അതും പ്രത്യക്ഷമൂലകമാണ് നമ്മള് വിചാരിക്കുന്ന പോലെ അത്ര മോശത്താറൊന്നുമല്ല ആണ് പറയുന്നത് എന്താണ് അവിടെ ഈ ഒരു അഭിമാനമെന്നേ പറയുന്നുള്ളു വേറെ ഒന്നും പറയുന്നില്ല കണ്ണടച്ചിരിക്കുന്നവനും ഒരഭിമാനം എന്താണ് അതാ ഞാൻ തോമസിനെ അറിയുന്നു തോമസിനെ കാണുന്നു അറിയുന്നു ശബ്ദം പ്രയോഗിക്കുന്നു അതാണ് അഭിമാനം കണ്ണടച്ച സർവസിദ്ധമായ ഒരു അനുഭവം അതിന് എന്ത് പദാർത്ഥം എന്ന് വെച്ചാൽ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഭാവമാണോ അഭാവമാണോ അതേ ഇതിലെല്ലാം മേരയാണോ അതുകൊണ്ട് അഭിമാനം പറഞ്ഞു അപ്പോ ചക്ഷുരേന്ദ്രിയമാണ് ഉപലംഭകം കരണം എന്ന് പറയാൻ പറ്റൂ പറയാൻ പറ്റില്ല ചക്ഷുരേന്ദ്രിയ കണ്ണടച്ചിരിക്കുന്നിടത്തും പ്രതി ഉണ്ടാകുന്നു